അള്ളാഹുവിൻറെ വിധി സ്ഥിരപ്പെട്ടവർ പറയും ഞങ്ങളുടെ രക്ഷിതാവേ ഇവർ ഞങ്ങൾ വഴിതെറ്റിച്ചവരാണ് ഞങ്ങൾ വഴിതെറ്റിയതുപോലെ ഇവരെയും ഞങ്ങൾ വഴിതെറ്റിച്ചു ഞങ്ങൾ നിന്നോട് നിഷ്കപടമായി വിട്ടുപിരിയുന്നു അവർ ഞങ്ങളെ ആരാധിക്കുകയായിരുന്നില്ല